ധ്യായം പതിനേഴ് യഹൂദയുടെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതിവെച്ചിരിക്കുന്നു അതവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേരാപ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ വയൽപ്രദേശത്തിലെ എന്റെ പർവ്വതമേ നിന്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപം നിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചു കേൾപ്പിക്കും ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും നിങ്ങൾ എന്റെ കോപത്തിൽ പീ കത്തിച്ചിരിക്കുന്നു അതെന്നേക്കും കത്തിക്കൊണ്ടിരിക്കും യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു മനുഷ്യനിലാശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഊവർനിലത്തിലും പാർക്കും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും ഹൃദയം എല്ലാറ്റിനെക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആ യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിയെപ്പോലെയാകുന്നു അവന്റെ മധ്യ ആയുസിങ്കൽ അതവനെ വിട്ടുപോകും ഒടുക്കം അവൻ പോഷനായിരിക്കും ആദ്യമുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ ഞങ്ങളുടെ വിശുദ്ധ മന്ദിര സ്ഥാനമേ ഇസ്രയേലിന്റെ പ്രത്യാശയായ യഹോവി നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതിവെക്കും അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവിയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ യഹോവി എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എന്റെ പുഴ്ച്ചയല്ലോ അവർ എന്നോട് യഹോമിയുടെ വചനം എവിടെ അത് വരട്ടെ എന്ന് പറയുന്നു ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു എന്റെ അധരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിലിരിക്കുന്നു നീ എനിക്ക് ഭയങ്കരനാകരുതേ അനർത്ഥ ദിവസത്തിൽ എന്റെ ശരണം നീയല്ലോ എന്നെ ഉപദ്രവിക്കുന്നവൻ ലജ്ജിച്ചു പോകട്ടെ ഞാൻ ലജ്ജിച്ചു പോകരുതേ അവർ ഭ്രമിച്ചു പോകട്ടെ ഞാൻ ഭ്രമിച്ചു പോകരുതേ അവർക്ക് അനർത്ഥ ദിവസം വരുത്തി അവരെ തകർത്ത് തകർത്ത് നശിപ്പിക്കാനുമേ യഹോവയനോട് ഇപ്രകാരം അരുളി ചെയ്തു നീ യഹൂദ രാജാക്കന്മാർ അകത്തു വരികയും പുറത്തുപോകുകയും ചെയ്യുന്ന ജനത്തിന്റെ വാതുക്കലും എരുശിലേമിന്റെ എല്ലാ വാതുക്കലും നിന്നുകൊണ്ട് അവരോട് പറക ഈ വാതിലുകളിൽ കൂടി അകത്തു കടക്കുന്ന യഹൂദ രാജാക്കന്മാരും എല്ലാ യഹൂദന്മാരും യെരുശലേമിലെ സർവ്വനിവാസികളുമായുള്ളവരെ യഹോവയുടെ എരുളപ്പാട് കേൾപ്പീൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു സൂക്ഷിച്ചുകൊള്ളുവീൻ ശബത്തുനാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിന്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത് ശബത്തുനാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബത്തുനാൾ വിശുദ്ധീകരിപ്പീൻ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്നാൽ അവർ കേട്ടില്ല ചെവി ചായച്ചൊന്നുമില്ല ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ചാഠ്യം കാണിച്ചു നിങ്ങളോ ശപത്തുനാളിൽ ഈ നഗരത്തിന്റെ വാതിലുകളിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശപത്തുനാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരായ യഹൂദ പുരുഷന്മാരും എരിശിലേം നിവാസികളും ഈ നഗരത്തിന്റെ വാതിലുകളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യും എന്ന് യഹോബയുടെ അരുളപ്പാട് യഹൂദ പട്ടണങ്ങളിൽ നിന്നും യരിശിലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ബെന്യാമിൻ ദേശത്തു നിന്നും താഴ്വീതിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കുന്തിരിക്കവും കൊണ്ടുവരും യഹോവയുടെ ആലയത്തിൽ അവർ സ്തോത്രയാഗവും അർപ്പിക്കും എന്നാൽ ശബത്തുനാൾ വിശുദ്ധീകരിപ്പാനും ശബത്തുനാളിൽ യരിശിലേമിന്റെ വാതിലുകളിൽ കൂടി ചുമടിച്ചു ചുമന്ന് കൊണ്ടുപോകാതെ ഇരിക്കാനും നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ അതിന്റെ വാതിലുകളിൽ തീ കൊളുത്തും അത് കെട്ടുപോകാതെ എരിശിലെമിലെ അരമനകളെ ദഹിപ്പിക്കും